പിന്നീട് അവരുടെ പാത പിന്തുടർന്ന് നമ്മുടെ ദൂതന്മാരെ നാം അയച്ചു മറിയമ്മിന്റെ മകൻ ഈസാ അലിസ്സലാമിനെയും നാം അയക്കുകയും അദ്ദേഹത്തിന് ഇഞ്ചിയിൽ നൽകുകയും ചെയ്തു അദ്ദേഹത്തെ പിന്തുടർന്നവരുടെ ഹൃദയങ്ങളിൽ നാം ദയയും കരുണയും നിക്ഷേപിച്ചു അവർ തങ്ങൾ തന്നെയുണ്ടാക്കിയ സന്യാസത്തെ സ്വീകരിച്ചു അള്ളാഹുസുബാനുഹുവ തായാലുടെ പ്രീതി ആഗ്രഹിച്ചല്ലാതെ നാം അത് അവർക്ക് നിർബന്ധമാക്കിയിരുന്നില്ല എന്നാൽ അവർ അത് വേണ്ട പാലിച്ചില്ല അതിനാൽ അവരിലെ വിശ്വാസികൾക്ക് നാം അവരുടെ പ്രതിഫലം നൽകി എന്നാൽ അവരിൽ പലരും ധിക്കാരികളായി